Dayum, dayum, w de ു മുമ്പുള്ളവരുടെ വാർത്തകൾ നിങ്ങളിലേക്കെത്തിയില്ലേ നോഹലഹിസ്സലാമിൻറെയും ആദിൻറെയും സമൂതു കുലത്തിൻറെയും ശേഷമുള്ളവരുടെയും വാർത്തകൾ അള്ളാഹു സുഹാനുഹുവ ചായാലായല്ലാതെ അവരെ ആരും അറിയുന്നില്ല അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ വന്നു എന്നാൽ അവർ കൈകൾ വായകളിൽ വെച്ചുകൊണ്ടു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്ന സന്ദേശത്തെ ഞങ്ങൾ നിഷേധിക്കുന്നു നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ തീർച്ചയായും സംശയത്തിലാണ്